അതിനാൽ അള്ളാഹുസുബഹാനഹുവറ്റ ആല അല്ലാതെ ആരാധനയ്ക്കർഹനായി മറ്റാരുമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക നിങ്ങളുടെ പാപങ്ങൾക്കും സത്യവിശ്വാസികളായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടി നിങ്ങൾ പാപമോചനം തേടുക നിങ്ങളുടെ ചലനങ്ങളും നിങ്ങളുടെ താവളങ്ങളും അള്ളാഹുസുബഹാനഹുവറ്റ ആല അറിയുന്നു